ോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം നമ്മളതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കർത്താവ് ചെയ്ത പല അത്ഭുത അവിടെ കാണാനായിട്ട് കഴിയും അതിൻ്റെ രണ്ടാമത്തെ വാക്യം മുതൽ പത്താമത്തെ വാക്യം വരെ ഒരു ശതാധിപന് ജാതീയനായ ഒരു ശതാധിപൻ ശതാധിപൻ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ റോമൻ പട്ടാളത്തിൽ നൂറുപേർക്ക് അധിപതിയായിരിക്കുന്ന ആളാണ് ശതാധിപൻ നൂറുപേരുടെ അധിപനായ പട്ടാള മേലധികാരിയാണ് ശതാധിപൻ ഇവിടെ പറയുന്ന ഈ ശതാധിപൻ ഒരു യഹൂദനല്ല ജാതീയനായ ഒരുവനായിരുന്നു പക്ഷേ അവൻ്റെ ഒരു ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായി കിടന്നിരുന്നു അപ്പം ഈ ശതാധിപനെ അറിയാമായിരുന്നു യേശു ഇവനെ സൗഖ്യമാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് തൻ്റെ ദാസന് സൗഖ്യം നൽകാൻ വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് ഇതാ യഹൂദന്മാരുടെ ചില മൂപ്പന്മാരെ ഈ തൻ്റെ ദാസന് വേണ്ടി ദാസന്റെ സൗഖ്യത്തിനു വേണ്ടി അയക്കുന്നതായിട്ടാണ് നമ്മളിവിടെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവർ ചെന്നിട്ട് അവനോട് പറയുന്നു നീ എങ്ങനെങ്കിലും അത് ചെയ്തു കൊടുക്കണം കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു യഹൂദന്മാരെ സ്നേഹിക്കുന്നു നമുക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ആ നിലയില് ഈ മൂപ്പന്മാരെ ഈ ശതാധിപന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് യേശു അവരോടുകൂടെ പോയി ആറാമത്തെ വാക്യം നോക്ക് യേശു അവരോടുകൂടെ പോയി വീട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ കർത്താവേ നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് പറഞ്ഞു യേശു അത് കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടിട്ട് ഇസ്രായേലിലുള്ളവരുടെ ഇടയിൽ പോലും അതായത് യഹൂദന്മാരുടെ ഇടയിൽ പോലും ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞ് എന്നിട്ട് അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് ശതാധിപന് ആ ദാസന് ആ വാക്കുകൊണ്ട് താനൊരു സൗഖ്യം നൽകി വീട്ടിൽ ചെല്ലുകയോ ഒന്നും വേണ്ടി വന്നില്ല ഈ ശതാധിപൻ്റെ വിശ്വാസം അനുസരിച്ച് തന്നെ ഒരു വാക്കുകൊണ്ട് യേശു സൗഖ്യം നൽകിയ സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഏതാണ്ട് ഇതേ കാര്യം തന്നെയാണ് മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെ കാണുന്നത് അവിടെ തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് അതായത് താന് മത്തായിയുടെ അഭിപ്രായ പ്രകാരം ശതാധിപൻ തന്നെ നേരിട്ട് യേശുവിൻ്റെ അടുക്കൽ പോയത് ഇവിടെ ലൂക്കോസ് പറയുന്നു അവൻ മൂപ്പന്മാരെ അയച്ചു എന്ന് ഇത് രണ്ടും ശരിയായിരിക്കാം ഒരുപക്ഷെ ശതാദിപൻ ആദ്യം മൂപ്പന്മാരെ അയച്ചു പിന്നീട് അവൻ തന്നെ ഒരു രണ്ടാമത്തെ ചിന്തയിൽ അവൻ തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു ഈ ശതാധിപൻ്റെ താഴ്മയും വിശ്വാസവും വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി അതുപോലെ തന്നെ ഇവനെ സംബന്ധിച്ച് പല പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും അവൻ്റെ ഒരു അടിമയാണ് ഈ ദാസൻ തൻ്റെ അടിമയ്ക്കു വേണ്ടി അവന് അടിമയ്ക്കൊരു രോഗസൗഖ്യം ഉണ്ടാകണം ആഗ്രഹിക്കുന്ന ഒരു യജമാനൻ അതുപോലെ തന്നെ റോമൻ പട്ടാളത്തിലെ ശതാധിപനാകുമ്പോൾ ധാരാളം ജോലിക്കാരവൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ ഇരിക്കെ അവൻ്റെ ഒരു ദാസന് സൗഖ്യം ലഭിക്കാനായിട്ട് ഇത്രയും ആ നിലയില് പ്രയാസപ്പെടുന്ന കാണുമ്പോൾ ദാസനോട് കരുണയുള്ള ഒരു യജമാനാണ് അവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മൾ ഇതിനിടയിൽ ശ്രദ്ധിച്ചാൽ അറിയാം ബൈബിളിലെ പുതിയ നിയമത്തില് പ്രായണ ശതാധിപന്മാരെന്ന് പറയുന്നവരെല്ലാം നല്ല വ്യക്തികൾ എന്നുള്ള നിലയിലാണ് അവരെ ചിത്രീകരിച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തൊന്നിൻ്റെ നാൽപ്പത്തേഴിൽ നമ്മൾ മറ്റൊരു ശതാധിപനെ കാണുന്നു ആ ശതാധിപൻ എന്താണ് ആ ശതാധിപൻ കർത്താവിനെ ക്രൂശിച്ച് കർത്താവ് മരിക്കുന്നത് കണ്ടപ്പോൾ ആ ശതാധിപൻ ലൂക്കോസ് ഇരുപത്തൊന്ന് നാല്പത്തേഴ് വാസ്തവമായി ഇത് നീതിമാന ഇവൻ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് യേശു മരിക്കുന്നത് കണ്ട് ദൈവത്തെ അവിടെ മറ്റൊരു ശതാധിപനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തി പത്താം അധ്യായത്തിൻ്റെ മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളിലും ജാതിയനായ മറ്റൊരു ശതാധിപനെക്കുറിച്ച് നമ്മൾ കാണുന്നു അവനെക്കുറിച്ചും നല്ല കാര്യമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതാരാണ് കുറന്നല്യൂസാണ് ഈ കുറന്നല്യൂസ് മൂലമാണ് കുറന്നല്യൂസിൻ്റെ ഭവനത്തിൽ വെച്ചാണല്ലോ പത്രോസ് പ്രസംഗിച്ചതും അങ്ങനെ ജാതികളും ഈ വിശ്വാസത്തിലേക്ക് വരാനിടയായതും അപ്പോൾ നോക്കുക ബൈബിളിലെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ശതാധിപന്മാരെല്ലാം താരതമ്യേനെ നല്ല ആളുകളായിരുന്നു ഇവിടെ പറഞ്ഞ് ഇവിടെ ലൂക്കോസിൻ്റെ സുശേഷം ഏഴാം അധ്യായത്തിലും മത്തായിയുടെ സുശേഷം എട്ടാം അധ്യായത്തിലും പറയുന്ന ഈ ശതാധിപൻ അവൻ വളരെ ആ വളരെ ഭക്തിയും സ്നേഹവും അതുപോലെ തന്നെ താഴ്മയും ഒരുവനായിരുന്നു അവനെക്കുറിച്ച് അവനെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യാൻ വന്ന മൂപ്പന്മാരെന്താ പറയുന്നത് ഏഴിൻ്റെ ലൂക്കോസ് ഏഴിൻ്റെ അഞ്ചാമത്തെ വാക്യം നോക്കുക അവൻ യോഗ്യൻ നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ എന്നാണ് മൂപ്പന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് പക്ഷേ അവൻ തന്നെ ശതാധിപൻ തന്നെ തന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്താ ഏഴിൻ്റെ ആറാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ ഐ ആം നോട്ട് ടു വർത്തി നേരത്തെ മറ്റൊരു പറയുക അവൻ വർത്തിയാണ് അവൻ യോഗ്യനാണ് എന്ന് മൂപ്പന്മാർ പറയുമ്പോൾ ഈ ശതാധിപൻ തന്നെ തന്നെ നോക്കിയിട്ട് പറയുന്നു ഞാൻ വർത്തിയല്ല എന്നവൻ പറയുന്നു ആ നിലയിൽ താഴ്മയുള്ളവനായിരുന്നു ഏതായാലും കർത്താവ് അവൻ്റെ വിശ്വാസം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു ആശ്ചര്യപ്പെട്ടു എന്നാണ് നമ്മളിവിടെ കാണുന്നത് വിശ്വാസം കണ്ടിട്ട് യേശു ആശ്ചര്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ ലൂക്കോസ് ഏഴിൻ്റെ ഒൻപതിൽ കാണുന്നു എന്നാൽ അവിശ്വാസം മൂലവും യേശു ആശ്ചര്യപ്പെട്ടു എന്നൊരു കാര്യം മർക്കോസ് ആറിന്റെ ആറിൽ കാണുന്നു അതാ കർത്താവ് തൻ്റെ പിതൃ ചെന്ന് പല അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവരെ വിശ്വസിക്കാഞ്ഞത് മൂലം മർക്കോസ് ആറിന്റെ ആറിൽ അവരുടെ അവിശ്വാസം മൂലം അവൻ ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്നു അപ്പൊ നോക്ക നമുക്ക് ദൈവത്തെ രണ്ട് കാര്യം കൊണ്ട് ആശ്ചര്യപ്പെടുത്താൻ കഴിയും ഒന്നുകിൽ നമ്മുടെ വിശ്വാസം മൂലം ദൈവത്തെ ആശ്ചര്യപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ അവിശ്വാസം മൂലം ദൈവത്തെ ആശ്ചര്യപ്പെടുത്താം ഏതായാലും ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ശതാധിപൻ അവൻ്റെ വിശ്വാസം മൂലം കർത്താവിനെ ആശ്ചര്യപ്പെടുത്തിയ ഒരുവനായിരുന്നു മറ്റെല്ലാവരും അവൻ യോഗ്യനെന്ന് പറയുമ്പോൾ കർത്താവുമായിട്ട് താരതമ്യപ്പെടുത്തി ഈ ജാതീയനായ ശതാധിപൻ പറയുന്നു അയ്യോ കർത്താവേ ഞാൻ യോഗ്യനല്ല താഴ്മയോടെ എന്നാൽ വിശ്വാസത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ അവൻ്റെ ദാസനെ സൗഖ്യമാക്കി എന്നിട്ട് ഏഴിൻ്റെ ഒൻപത് നോക്കുക ഇങ്ങനെയുള്ള വിശ്വാസം എന്നുള്ള കാര്യം ഇങ്ങനെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞ് കർത്താവ് അവന്റെ വിശ്വാസത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഇതേ സംഭവം തന്നെ മത്തായി എട്ടിൻ്റെ പത്തിൽ നോക്കുമ്പം ഇത്ര വലിയ വിശ്വാസം എന്നാണ് കർത്താവ് അവിടെ ഈ ശതാധിപൻ്റെ വിശ്വാസത്തെ കുറിച്ച് ഇത്ര വലിയ വിശ്വാസം കർത്താവ് ബൈബിളിലെ രണ്ടടത്താണ് വലിയ വിശ്വാസം എന്ന രണ്ടു പേരുടെ വിശ്വാസത്തെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഈ ശതാധിപന്റെ വിശ്വാസത്തെ കുറിച്ച് മത്തായി എട്ടിന്റെ ഇത്ര വലിയ വിശ്വാസമെന്ന് പറഞ്ഞു അതുപോലെ മത്തായി പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തേഴാം വാക്യത്തിൽ ആ കനാന്യസ്ത്രീയെ കനാന്യസ്ത്രീയെ കർത്താവിൻ്റെ അടുത്ത് വന്ന് രോഗസൗഖ്യത്തിനായിട്ട് അവളെ യാചിക്കുമ്പോൾ അവിടെ വന്ന് അവളെക്കുറിച്ചും പറയുന്നത് നിൻ്റെ വിശ്വാസം സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് നോക്കുക ഈ കനാന്യസ്ത്രീ അവളും ജാതീയായ ഒരു സ്ത്രീയാണ് യഹൂദ സ്ത്രീയല്ല അവൾ വന്ന എൻ്റെ മകൾക്ക് ഭൂതോപദ്രവും അധികമായിരിക്കുന്നു കഠിനമായിരിക്കുന്നു സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവളുടെ വിശ്വാസം കണ്ടിട്ട് അവളുടെ വിശ്വാസവും വലിയ വിശ്വാസം എന്ന് സർട്ടിഫൈ ചെയ്യുന്നു അപ്പൊ കർത്താവ് രണ്ടു പേരുടെ വിശ്വാസമാണ് വലിയ വിശ്വാസം എന്ന് പറഞ്ഞത് ഒന്ന് ഈ കനാന്യ വിശ്വാസം മത്തായി പതിനഞ്ചിന്റെ ഇരുപത്തിയെട്ടില് പറഞ്ഞു അതുപോലെ തന്നെ ഈ ശതാദിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് താന് മത്തായി എഴുതിയ സുവിശേഷം എട്ടാമധ്യായത്തിൽ ഇത്ര വലിയ വിശ്വാസം എട്ടിൻ്റെ പത്തിലും ഇത്ര വലിയ വിശ്വാസമെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും ജാതീയരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടതായ കാര്യം പ്രിയപ്പെട്ടവരെ അവർ ജാതീയരായ ആളുകളായിരുന്നിട്ടോ അവരുടെ വിശ്വാസം മൂലം അവരുടെ ദാസനും മകൾക്കും സൗഖ്യം നേടിക്കൊടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് കർത്താവ് ഒരിടത്ത് പറയുന്നു മർക്കോസ് ഒമ്പതിന്റെ ഇരുപത്തി മൂന്നിന് പറയുന്നു വിശ്വസിക്കുന്നവനെല്ലാം സാധ്യം എന്നിട്ട് മർക്കോസ് പത്തിന്റെ ഇരുപത്തി ഏഴിൽ പറയുന്നു ദൈവത്തിന് സകലവും സാധ്യം അപ്പോ ഈ രണ്ട് വാക്യങ്ങളെ മർക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്നിനെയും പത്ത് ഇരുപത്തി ഏഴിനെയും താരതമ്യം ചെയ്താലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് വിശ്വസിക്കുന്നവനും ദൈവത്തിനും ഏതാണ്ട് ഒരേ പോലുള്ള സ്ഥാനം നൽകിക്കൊണ്ടാണ് പറയുന്നത് വിശ്വസിക്കുന്നവന് സകലവും സാധ്യം ദൈവത്തിനും സകലവും സാധ്യം പ്രിയപ്പെട്ടവരെ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ടൊക്കും ജാതിയനായൊരു ശതാധിപന് അവന്റെ താഴ്മയും വിശ്വാസവും അവൻ്റെ ദാസന് സൗഖ്യം നേടിക്കൊടുത്തു ഒരു കനാന്യസ്ത്രീക്ക് അവളുടെ വലിയ വിശ്വാസം അവളുടെ മകൾക്ക് സൗഖ്യം നേടിക്കൊടുക്കാൻ കഴിയും നമ്മൾ ഇന്ന് കടന്നു കാലഘട്ടത്തിൽ നമ്മളും കർത്താവിൻ്റെ അടുത്ത് ചെല്ലുക വലിയ നമ്മളെക്കുറിച്ച് തന്നെയുള്ള വലിയ ചിന്തയോടെയല്ല മറിച്ച് ഈ ശതാദിപനെ പോലെ കർത്താവെ ഞാൻ യോഗ്യനല്ല ഐ ആം നോട്ട് വർത്തി എന്ന് പറഞ്ഞ് ഒരുപക്ഷെ മറ്റുള്ളവർ മറ്റു വിശ്വാസികളും ചുറ്റുപാടുമുള്ളവർ നോക്കുമ്പോൾ നമ്മൾ യോഗ്യരാണെന്ന് അവർ പറഞ്ഞെന്നിരിക്കാം പക്ഷെ അവരുടെ വാക്കുകളെയല്ല നമ്മൾ എടുക്കേണ്ടത് നമ്മൾ സത്യസന്ധമായി നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത് നമുക്കൊരു യോഗ്യതയും ഇല്ല കർത്താവെ എനിക്ക് യോഗ്യതയില്ല എങ്കിലും നീ ഇത് ഒരു വാക്കുകൊണ്ട് സൗഖ്യം നൽകാൻ കഴിവുള്ളവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ തന്നെ ശരണപ്പെട്ടാൽ നമ്മൾ വിശ്വാസം കൊണ്ട് ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നവരാക്കും അതുപോലെ വിശ്വസിക്കുന്നവന് സകലവും സാധ്യം എന്നുള്ളത് നമ്മളെക്കുറിച്ച് നിറവേറും നമ്മുടെ വിശ്വാസം വലിയ വിശ്വാസം കർത്താവ് സർട്ടിഫൈ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി കർത്താവിനെ നമുക്ക് ഈ ദിവസങ്ങളിലെ അധികം താല്പര്യത്തോടെ ആശ്രയത്വത്തോടെ പിൻപറ്റാം പ്രിയപ്പെട്ടവർ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായത്തിൽ ഇതാ മറ്റൊരു സംഭവം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നയിനിൽ അവിടെ ഒരു വിധവയുടെ ഏകമകൻ അവൻ മരിച്ചു കർത്താവ് കടന്നു പോകുമ്പോൾ ഈ മരിച്ച ആ മകൻ്റെ വിലാപയാത്ര കടന്നു വിധവയായ അമ്മയും അതോടൊപ്പം ഇതെല്ലാം കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ആ ശവമഞ്ചം ചുമക്കുന്നവരുടെ അടുത്ത് ചെന്ന് ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു ഇതെല്ലാം കണ്ട ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇതാണ് പതിനൊന്ന് മുതൽ ഏഴിൻ്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ സംഭവം നയിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ഈ സംഭവങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ നാല് സുവിശേഷങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അധ്യായത്തിൻ്റെ ഏഴാം ഒടുവിൽ അതിൻ്റെ മുപ്പത്താറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഷീമോൻ്റെ വീട്ടിലെ കർത്താവ് ഭക്ഷണത്തിന് ചെന്നതും ഒരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ കർത്താവിൻ്റെ കാൽക്കല പരിമള പൂശി അവൻ്റെ കാല് അവളുടെ തലമുടി കൊണ്ട് തുടച്ചു കർത്താവ് അവരുടെ പാപം മോചിച്ചു കിട്ടി ഇതിനെക്കുറിച്ച് പറയുകയും ഷീമോൻ പത്രോസിനോട് സംസാ സി ഷീമോൻ പത്രോസ് അല്ല ക്ഷമിക്കണം ഷീമോൻ എന്ന് പറയുന്ന വീട്ടുകാരനോട് കർത്താവ് സംസാരിക്കുകയൊക്കെ ചെയ്ത ആരെങ്ങാം അതായത് ഈ ലൂക്കോസ് ഏഴിൻ്റെ മുപ്പത്തി മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവവും ലൂക്കോസിൽ മാത്രമേ ഉള്ളൂ അപ്പം കണ്ടോ ഈ അധ്യായത്തിൽ തന്നെ വിധവയുടെ നയിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു ഷീമോന്റെ വീട്ടിലെ വിരുന്നിന് പോയി ഈ രണ്ട് കാര്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേയുള്ളൂ നമുക്ക് നയിനിലെ വിധവയുടെ മകനെ സൗഖ്യമാക്കിയ ആ സന്ദർഭത്തിലേക്ക് മടങ്ങി കർത്താവ് പിറ്റേനാൾ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ശവസംസ്കാര കർത്താവിനെതിരെ വരുന്നത് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം കർത്താവ് എന്ത് ചെയ്തു കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു നമ്മൾ ഇംഗ്ലീഷിൽ അത് വായിക്കുന്ന മൂഡ് വിത്ത് എ കമ്പാഷൻ കരുണയോടെ കർത്താവ് മുന്നോട്ട് ചെന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വിധവയാകട്ടെ ഈ ശവമഞ്ചം ഏന്തി കൊണ്ട് വന്നവരാകട്ടെ കർത്താവിനെ ഞങ്ങളുടെ ഈ ബാല്യക്കാരനെ ഉയർപ്പിക്കണേ എന്നൊന്നും അവരപേക്ഷിച്ചില്ല അവരെ അപേക്ഷിക്കാതെ തന്നെ കർത്താവ് അങ്ങോട്ട് ചെന്ന് അവരുടെ ദുഃഖം കണ്ട് പ്രത്യേകിച്ച് ഒരു വിധവയാണ് അവൾക്ക് ഏക അവൻ കടന്നുപോയി വിധവയുടെ ജീവിതം ഇനി എങ്ങനെയാണ് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കർത്താവ് അവളോട് പറയുന്നു നീ കരയണ്ട എന്ന് പറയുന്നു ഹീ മൂവഡ് വിത്ത് കമ്പാഷൻ പ്രിയപ്പെട്ടവര് കർത്താവായ യേശു ജീവിതം നമ്മൾ നോക്കുമ്പോൾ അവിടെ നീ ഭൂമിയിൽ നമ്മെ തന്നെ ജീവിച്ചു വന്ന കർത്താവ് മാനുഷികമായ പല സാഹചര്യങ്ങളോടും നമ്മെ തന്നെയാണ് പ്രതികരിക്കുന്നത് തനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും പക്ഷേ ഉയർപ്പിക്കുന്ന രംഗത്ത് പോലും അങ്ങനെയുള്ള രംഗത്ത് പോലും ആളുകളുടെ കണ്ണുനീരിന് മുമ്പാകെ കർത്താവും കണ്ണുനീർ വാർക്കുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ ഇതാ ഈ സാധു സ്ത്രീ ഈ വിധവ അവളെ കണ്ടിട്ട് കർത്താവ് പറയുന്നു കരേണ്ട എന്ന് പറയുന്നു കണ്ണീരിനെ കുറിച്ച് ഒരു പുസ്തകത്തിലുള്ള അറിവല്ല ഉള്ളത് കർത്താവിന് നേരിട്ട് അറിയാം നമ്മളെ യോഹനാന്റെ സുശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിലെ മാർത്തയുടെ മറിയുടെ സഹോദരൻ ലാസർ അവിടെ താന് മരിച്ചു നാലാം നാളെ കർത്താവ് ചെല്ലുമ്പോ അവിടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോ അവിടെ കർത്താവ് എന്ത് ചെയ്തു കർത്താവ് ആ കല്ലറക്കലെത്തി പതിനൊന്നിന്റെ യോഹനന്റെ സുശേഷം പതിനൊന്നിന്റെ മുപ്പത്തി മൂന്ന് അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഓളം ഉള്ളം നൊന്ത് കലങ്ങി കണ്ടോ ആ മറിയുടെയും ഒക്കെ കണ്ണുനീരിനു മുൻപാകെ ആ സഹോദരിമാരുടെ കണ്ണുനീരിനു മുൻപാകെ എന്തു ചെയ്തു കർത്താവ് ആ കർത്താവ് ഉള്ള കരയുന്നതാണ് നമ്മളെ കാണുന്നത് എന്നിട്ട് അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ യേശു കണ്ണുനീർ വാർത്തു എന്ന ആ വാക്യവും നമ്മൾ അവിടെയാണ് കാണുന്നത് അപ്പൊ കരച്ചില് നമ്മുടെ ഏറ്റവും വലിയ വേദനകള് നമ്മുടെ കർത്താവിന് മനസ്സിലാകും എന്നുള്ളത് നമുക്ക് എത്ര വലിയ ധൈര്യവും ആശ്വാസവുമാണ് നൽകുന്നത് അല്ലാതെ അവിടത്തേക്ക് കണ്ണുനീരിനെ കുറിച്ച് മനുഷ്യൻ കടന്നു പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഒരു കേട്ടറിവല്ല ഉള്ളത് താന് നമ്മെ പോലെ തന്നെ ഈ സാഹചര്യങ്ങളിലേക്ക് വന്ന് ഇത് മനസ്സിലാക്കിയ കർത്താവാണ് ആ കർത്താവാണ് ഇന്നും നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ ആ നയില്ലെ വിധവയോട് പറഞ്ഞതുപോലെ കർത്താവ് പറയും മകനെ മകളെ കരയണ്ട എന്ന് പറയും കർത്താവ് അടുത്തു വരും അതിന് വിടുതൽ നൽകും ഇവിടെ നോക്കുക പതിനൊന്നിൻ്റെ മുപ്പത്തി യോഹനാൻ പതിനൊന്നിന്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ചില് കർത്താവ് തന്നെ ആ കലങ്ങിയ ഹൃദയങ്ങളോട് ഏർ കരയണ്ട എന്ന് പറഞ്ഞ് അവരുടെ കണ്ണുനീരിനോടൊപ്പം കരയുകയും എന്നിട്ട് അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു മരിച്ചു നാല് നാളായി യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച് ആ ആത്മാവ് മരണം കഴിഞ്ഞാൽ മൂന്ന് ദിവസം ആ മൃതദേഹത്തിന്റെ ചുറ്റുപാടും കാണും എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല അതുകൊണ്ടാണ് വാർത്ത പറയുന്നത് നമ്മൾ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നല്ലോ വാർത്ത പറയുന്നു കർത്താവേ നാല് ദിവസമായല്ലോ അതിൻ്റെ മുപ്പത്തൊൻപതാം വാക്യം പതിനൊന്നിൻ്റെ മുപ്പത്തൊൻപത് കല്ല് നീക്കുവീന് നയിച്ച് പറഞ്ഞപ്പോൾ വാർത്ത നാല് ദിവസമായല്ലോ മൂന്ന് ദിവസമേ ആയിരുന്നുള്ളെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കായിരുന്നു മൂന്ന് ദിവസവും കഴിഞ്ഞു ആത്മാവ് ശരീരത്തെ വിട്ട് പോയി കഴിഞ്ഞു ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നാണ് അവള് പറഞ്ഞത് പക്ഷെ എന്നിട്ടും കർത്താവ് എന്തു ചെയ്തു ആ കണ്ണുനീർ അവരുടെ ദുഃഖം കണ്ട് ഉള്ളന്നൊന്ന് കലങ്ങിയ കർത്താവ് താൻ എന്തു ചെയ്തു അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് മരിച്ചു നാല് നാളായ ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു എന്നിട്ട് കർത്താവ് പതിനാലാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് പ്രിയപ്പെട്ടവരെ ഈ വാക്യങ്ങളൊക്കെ നമ്മോട് പറയുന്നതായിട്ട് ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ബന്ധത്തിൽ നമ്മളോട് നേരിട്ട് പറയുന്നതായിട്ട് നമ്മൾ കേൾക്കണം കർത്താവ് കണ്ണുനീരിൻ്റെ ആ ദുഃഖത്തിൻ്റെ ആഴങ്ങൾ അറിയാം എന്ന് മാത്രമല്ല കർത്താവ് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട എന്നും പറയുന്നു കർത്താവ് അത് കഴിഞ്ഞിട്ട് കണ്ണുനീരിൻ്റെ ഒക്കെ രംഗങ്ങളിൽ കർത്താവ് വരുന്നുണ്ട് ഉദാഹരണത്തിന് യോഹനന്റെ സുവിശേഷം ഇരുപതാം അധ്യായം നോക്കുക അവിടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു ആ കല്ലറക്കൽ ആഴ്ചവട്ടത്തിൻ്റെ മൂന്നാം നാൾ ക്ഷമിക്കണം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മജ്ഞല കാര്യത്തിൽ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുവിൻ്റെ കല്ലറക്കൽ ചെന്നു അവിടെ യേശുവിനെ കാണാഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴിതാ ഇരുപതിൻ്റെ യോഹനാൻ ഇരുപതിൻ്റെ പതിമൂന്ന് അവിടെ രണ്ട് ദൂതന്മാർ ആ ചോദിക്കുന്നു സ്ത്രീയെ നീ കരയുന്നത് എന്ത് ഈ ദൂതന്മാരാണ് അവിടെ ചോദിക്കുന്നത് എന്നാൽ പതിനാലാമത്തെ വാക്യത്തിൽ കണ്ടോ പതിനാലാമത്തെ വാക്യത്തിൽ യേശു തന്നെ നിന്ന് അവളോട് ചോദിക്കുന്നു യേശു അവളോട് നീ കരയുന്നത് എന്ത് കണ്ടോ യേശു ഈ സന്ദർഭത്തിൽ ഈ ലോകജീവിതം മതിയാക്കി മരിച്ച് അടക്കപ്പെട്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു തനിക്കുള്ളത് ഒരു പുനരുത്ഥാന ശരീരമാണ് ഈ പുനരുത്ഥാന ശരീരത്തിൽ കഴിഞ്ഞ പിന്നിട്ട ജീവിതത്തിൻ്റെ ആ വേദനകളോ ഒന്നും ഒരു പുനരുത്ഥാന ശരീരത്തെ തീണ്ടുകയില്ല എന്നിട്ടും പുനരുത്ഥാനം ചെയ്ത ശരീരത്തിലായിട്ടും കർത്താവ് ആ മറിയുടെ കണ്ണുനീരിനു മുമ്പാകെ ഒരു നിമിഷം നിന്നു താന് വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്ന ത്തിനു മുമ്പ് ഈ സ്ത്രീയുടെ കണ്ണുനീര് കണ്ട് കർത്താവ് തൻ്റെ ആ നിലയിലുള്ള പ്രോഗ്രാമിൽ ഒരു അല്പം മാറ്റം വരുത്തി അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ചെന്നതായിട്ടാണ് പറയുന്നത് കാരണം കണ്ണുനീര് കണ്ട് മറികടന്നു പോകുന്ന ഒരു കർത്താവല്ല അവളുടെ അടുത്ത് എന്ന് പറയുന്നു സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് അവളോട് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് ഇവിടെ നമ്മൾ ചിന്തിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തില് ഏഴാം അധ്യായത്തില് അവിടെ നയില്ല വിധവയുടെ ആ കണ്ണുനീര് കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് കരയണ്ട എന്ന് കർത്താവ് പറഞ്ഞു അതുപോലെ തന്നെ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയോടും കരയണ്ട എന്ന കർത്താവ് ആ നിലയിൽ താന് വാക്കും ഭാഷണവും കൂടാതെ പറയുകയും അവരുടെ കണ്ണുനീരിനു മുമ്പാകെ സ്വയം കണ്ണുനീർ വാർക്കുകയും ചെയ്തിട്ട് മരിച്ചു നാല് നാളായ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു അതുപോലെ താനെ പുനരുദ്ധാനം ചെയ്ത ശരീരത്തിലായിട്ടും യോഹന്യാൻ ഇരുപതിൻ്റെ പതിനഞ്ചില് മക്തലക്കാരി മറിയുടെ കണ്ണുനീരിനു മുമ്പാകെ താന് ആ മറിയെ ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുന്നു പ്രിയപ്പെട്ടവരെ വെളിപ്പാട് പുസ്തകം ഏഴാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിമനോഹരമായ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട് അവിടെ എന്താ വായിക്കുന്നത് ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ച് കളയും പതിനേഴാമത്തെ വാക്യം ഏഴിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് ഏഴിൻ്റെ പതിനേഴ് വെളിപ്പാട് ഏഴിൻ്റെ പതിനേഴ് കണ്ടോ അപ്പോ കർത്താവ് നമ്മുടെ കണ്ണിൽ നിന്ന് ഇന്ന് നീക്ക് കണ്ണുനീരിനെ തുടച്ചു കളയുന്ന ഒരു രംഗം വരുന്നു ഇന്ന് നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് കണ്ണുനീരുണ്ട് വേദനയുണ്ട് പക്ഷെ നമ്മുടെ കണ്ണുനീരും വേദനയും അറിയുന്ന കർത്താവ് നമ്മോടൊപ്പം കരയുന്ന കർത്താവ് നമ്മളോട് പറയും കരയണ്ട എന്ന് പറയും കരച്ചിലിന്റെ കാരണത്തെ അവിടുന്ന് മാറ്റിത്തരും കർത്താവ് ഇന്ന് പുനരുത്ഥാന ശരീരത്തിലാണ് പക്ഷെ അവിടെയും കർത്താവിന് നമ്മുടെ വേദന അറിയാം എന്നാൽ ഒരു നാൾ വരുന്നു നമ്മുടെ ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയും അത്തരം രംഗം വരുന്നു അത് കർത്താവിൻ്റെ ആ വിളിപ്പാട് ദിവസം നമ്മൾ വായിക്കുന്നു അതിനായിട്ട് നമുക്ക് നോക്കി പാർക്കാം നമുക്ക് ഇന്ന് കണ്ണുനീരുണ്ട് നമ്മൾ ഇന്ന് ലോകത്തിലാണ് അതൊരു വാസ്തവമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഭാഗ്യകരമായ ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട് അന്ന് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയ കർത്താവ് തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഇതിൽ പരഭാഗ്യകരമായ എന്തായാലാണ് നമ്മൾ പ്രത്യാശ ദൈവം ഈ ഈ ചിന്തകളാൽ നമ്മുടെ ഹൃദയത്തിന്റെ ദുഃഖങ്ങളെ മാറ്റിത്തരട്ടെ നമുക്ക് കർത്താവിൽ വലിയ പ്രത്യാശയും കർത്താവിനോട് വലിയ സ്നേഹവും ആയിരിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മുപ്പത്താറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നേരത്തെ നൈല്യവിധവയുടെ മകനെ ഉയർപ്പിച്ച സംഭവം ലൂക്കോസ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയ മറ്റൊരു സംഭവമാണ് ഈ പരീശൻ്റെ വീട്ടിൽ പാപിനിയായ സ്ത്രീ ചെല്ലുകയും അവൻ്റെ കാൽക്കല് കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ടവൻ്റെ കാൽ നനയ്ക്കുകയും തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശുകയും ഒക്കെ ചെയ്ത ആ രംഗവും ഇവിടെ മാത്രമാണ് ലൂക്കോസിൽ മാത്രമാണ് കാണുന്നത് ഈ ലൂക്കോസ് വൈദ്യനായ ലൂക്കോസ് നേരത്തെ നമ്മൾ നയില്ലെ വിധവയുടെ ആ കാര്യം പറഞ്ഞപ്പോൾ നയിൻ ലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച രംഗം പറഞ്ഞതുപോലെ തന്നെ വേറെയും രണ്ട് കുട്ടികളുടെ ആ നിലയിലുള്ള വിടുതലിനെക്കുറിച്ച് താൻ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിധവയുടെ മകൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടിൻ്റെ നാൽപ്പത്തി രണ്ടിൽ പറയുന്നുണ്ട് അതുപോലെ ഭൂതം ബാധിച്ച കുട്ടിക്ക് സൗഖ്യം നൽകുന്ന കാര്യം ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അപ്പോൾ നോക്കുക ഏഴ് എട്ട് ഒൻപത് എന്ന മൂന്ന് അധ്യായങ്ങളിൽ തുടർച്ചയായിട്ട് മൂന്ന് കുട്ടികൾക്കുണ്ടായ വിടുതൽ െ കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നൈല വിധവയുടെ മകനെ ഉയർപ്പിച്ച ആ കാര്യം ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ പാവിനിയായ സ്ത്രീയുടെ സംഭവവും ഇവിടെ ലൂക്കോസ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ സംഭവത്തിലേക്ക് കടന്നു അവിടെ പരീശന്മാരിൽ ഒരു തൻ്റെ വീട്ടിൽ കർത്താവിനെ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ കർത്താവ് ചെന്നു ഈ പരീശൻ്റെ പേരവിടെ പറയുന്നില്ല എന്നാൽ നാൽപ്പതാമത്തെ വാക്യത്തിൽ അയച്ചു ഷീമോനി എന്ന് അവനെ വിളിക്കുന്നത് കൊണ്ട് പേര് ഈ പരീശന്റെ പേര് ഷീമോൻ എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ ഷീമോൻ എന്തായിരുന്നു പ്രശ്നം ഈ പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിൻ്റെ കാൽക്കല് കരഞ്ഞുകൊണ്ട് നിൽക്കുകയും കണ്ണുനീർ കൊണ്ട് അവന്റെ കാല് നനയ്ക്കുകയും തലമുടി കൊണ്ട് തുടക്കുകയും കാലിലെ ചുംബിക്കുകയും തൈലം പൂശുകയും ചെയ്തെന്നത് കണ്ടപ്പോ അവനെ എന്തു ചെയ്തു അവന് പലതും ചിന്തിക്കാനായിട്ട് തുടങ്ങി ഇവൻ പ്രവാചകനല്ല ഒരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ഏത് തരത്തിലുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാകുമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത് ഈ പരീശന്മാരെ വേദവചനങ്ങളിൽ പഴയ നിയമവചനങ്ങളിൽ വല വളരെ പാണ്ഡിത്യം അതുകൊണ്ട് തന്നെ ഈ പരീശന്റെ ഷീമോൻ്റെ മനസ്സിലൂടെ ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ പതിനെട്ട് കടന്നു പോയി കാണും ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ പതിനെട്ടിൽ വേശ്യയുടെ കൂലിയും വിലയും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായിട്ട് കൊണ്ടുവരരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവള് തീർച്ചയായിട്ടും ഈ തൈലം പൂശാനായിട്ടുള്ള ആ പണമൊക്കെ അവളുടെ ആ നിലയിലുള്ള തെറ്റായ ജീവിതത്തിൽ നിന്നും നേടിയതാണ് അപ്പോൾ വേശ്യയുടെ കൂലിയാണ് ആ കൂലിയാണ് ഇവൻ ദൈവപുത്രനെങ്കിൽ അല്ലെങ്കിൽ ഇവൻ പ്രവാചകനെങ്കിൽ ഇവൻ്റെ കാലിൽ പൂശാനുള്ള തൈലമായിട്ട് കൊണ്ടുവന്നത് അത് കൊണ്ടുവരരുത് അത് സ്വീകരിക്കരുത് എന്നാണ് ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അവൻ അത് സ്വീകരിക്കുന്നല്ലോ കാലിലെ തൈലം പൂശാൻ അനുവദിച്ചല്ലോ അതുകൊണ്ട് ഇവൻ പ്രവാചകനല്ല എന്നൊക്കെയാണ് ഷീമോൻ ചിന്തിച്ചു ഉടനെ കർത്താവ് അവൻ്റെ മനോഭാവം മനസ്സിലാക്കിയിട്ട് അവനോട് പറയുന്നു ഷീമോനെ നിന്നോടൊരു കാര്യം പറയട്ടെ ഉപചാരപൂർവ്വം കർത്താവ് ചോദിക്കുന്നു അവൻ പറഞ്ഞു ആട്ടെ പറഞ്ഞട്ടെ എന്ന് പറയുന്നു ഉടനെ കർത്താവ് ഒരു ഉപമം പറയുന്നു കടം കൊടുക്കുന്ന ഒരുത്തന് രണ്ട് കടക്കാറുണ്ടായിരുന്നു ഒരുത്തന് അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവന് അമ്പത് വെള്ളിക്കാശുമാണ് വീട്ടാനായിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ കഴിയും ഒരാളുടെ രണ്ട് മാസത്തെ കൂലിയുടെക്ക് തുല്യമായ തുകയാണ് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തില് ആ നിലയില് മുന്തിരിത്തോട്ടത്തിൽ ഒരാളെ വിളിച്ചാക്കുന്ന പാകം നമ്മളെ കാണുന്നുണ്ടല്ലോ മുന്തിരിത്തോട്ടത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഒരു ദിവസത്തെ ജോലിക്ക് ഒരു വെള്ളിക്കാശാണ് വില വെച്ചിരുന്നത് കൂലിയായിട്ട് കൊടുത്തത് അപ്പോൾ അഞ്ഞൂറ് വെള്ളിക്കാശ് ഒരാൾ കടപ്പെട്ടിരിക്കുകയെന്ന് വെച്ചാൽ ഏതാണ്ട് രണ്ടു വർഷത്തെ ഒരാളുടെ അധ്വാനത്തിൻ്റെ തുക മുഴുവനാണ് ഇവൻ ഒരുത്തൻ കടപ്പെട്ടിരുന്നത് മറ്റവനോ മറ്റവനാണെങ്കിൽ അൻപത് വെള്ളിക്കാശ് ഏതാണ്ട് രണ്ട് മാസത്തെ അവൻ്റെ കൂലി അതിന് തുല്യമായ തുകയാണ് കടപ്പെട്ടിരുന്നത് പക്ഷേ ഈ ആളെന്തു ചെയ്തു ഇവർക്ക് രണ്ടു പേർക്കും വീട്ടാൻ ഇരുവർക്കും ഇളച്ചു ഇവിടെ കർത്താവ് പറയുന്നത് എന്താ കർത്താവ് പറയുന്നത് ഇങ്ങനെ ഇളച്ചു ആരാണ് ഈ ഇളച്ചു കൊടുത്തവനെ അധികം സ്നേഹിക്കുന്നത് ഉടനെ ഷിമോൻ ആലോചിച്ചിട്ട് പറഞ്ഞു അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു ഉടനെ കർത്താവ് അതിനെ തുടർന്ന് അവൻ്റെ മനോഭാവത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് വിരലിച്ചുകൂണ്ടി എന്താ നീയെ എന്നെ വീട്ടിൽ സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ നീയ പകുതി മനസ്സോടെ ആണ് നീയെ പല കാര്യങ്ങളെ ചെയ്തത് നീ ഒരു തണുത്ത സ്വീകരണമാണ് എനിക്ക് തന്നത് നീ എൻ്റെ കാല് കഴുകുകയില്ല അത് നീ അങ്ങനെയാണ് ചെയ്യ സ്വീകരിക്കേണ്ടത് കാല് കഴുകുക ചുംബിക്കുക തലയിൽ പൂശാന് തൈലം നൽകുക ഈ ഉപചാരങ്ങളൊന്നും നീ കാട്ടിയില്ല കാരണം എന്താ നിന്റെ നോട്ടത്തിൽ നീ കേവലം അൻപത് വെള്ളിക്കാശ് മാത്രം കടപ്പെട്ട ഒരുവനെ പോലെയാണ് എന്നാൽ ഈ പാവപ്പെട്ട സ്ത്രീയോ അവള് ഞാൻ വന്നപ്പം മുതല് അവളെ എന്നെ ആ നിലയില് സ്നേഹിക്കുകയും അവള് ഉപചാരപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നു അവൾ അവളെ തന്നെ നോക്കുമ്പോൾ അഞ്ഞൂറ് വെള്ളിക്കാശ് കടപ്പെട്ടതുപോലെയാണ് കാണുന്നത് സത്യത്തിൽ നീയും എന്തല്ല നീയും അവളേക്കാൾ ഒട്ടും മെച്ചമല്ല ദൈവത്തിന്റെ മുമ്പാകെ നല്ല പാപം ചീത്ത പാപം അങ്ങനെ വ്യഭിചാരം ഏറ്റവും മോശമായ പാപമാണെന്ന് ലോകം കാണുമ്പോ തന്നെ മറ്റേ വൈറ്റ് എന്നൊക്കെ പറയുകയല്ലേ വെള്ള കള്ളം എന്നൊക്കെ പറയുന്നതും ദൈവത്തിന്റെ മുമ്പാകെ അതേപോലെ തന്നെ മോശമായ പാപം തന്നെയാണ് പാപത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രേഡ് വ്യത്യാസമൊന്നും ദൈവത്തിന്റെ മുമ്പാകെയില്ല അപ്പോൾ കർത്താവ് പറയുകയാണ് നീയുമെന്താണ് അഞ്ഞൂറ് വെള്ളിക്കാശ് കടപ്പെട്ടവനെ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ നിന്റെ പ്രശ്നം നീ അത് മനസ്സിലാക്കുന്നില്ല നീ നിന്നെ തന്നെ കാണാതെ ഈ സ്ത്രീയെയാണ് നോക്കുന്നത് അതേസമയം ഈ സ്ത്രീയോ അവള് മറ്റാരെയും നോക്കുന്നില്ല അവള് തന്നെ തന്നെ നോക്കുന്നു ഞാൻ എത്ര പാവിനിയായ സ്ത്രീയാണ് കർത്താവ് എന്നിട്ടും എൻ്റെ കടങ്ങൾ ക്ഷമിച്ചു തരുന്നല്ലോ എന്നുള്ള ബോധ്യത്തോടെ അവള് കർത്താവിൻ്റെ അടുത്ത് സ്നേഹത്തോടെ ചെല്ലുന്നു അധികം കിട്ടിയവനാണ് അധികം സ്നേഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഈ സംഭവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മളും ഓരോ തവണ ദൈവസന്നിധി ചെല്ലുമ്പം അധികം ഇളച്ചു കിട്ടിയവരെ പോലെയാണ് നിൽക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് അധികം സ്നേഹമുള്ളവരായിട്ട് നിൽക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് നമ്മുടെ പാപങ്ങൾ അത് ആ നിലയിൽ ലോകം അതിനെ വലിയ പാപങ്ങളായിട്ട് കണ്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പാകെ ഏറ്റവും മോശമായ പാപം പോലെ തന്നെയാണ് എൻ്റെ മാന്യമായ മാന്യമായ എന്നുള്ളത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ് ഇട്ട് പറയുന്നത് എൻ്റെ മാന്യമായ പാപങ്ങളും ഏറ്റവും മോശമായ പാപങ്ങളും തുല്യമാണ് ഞാനും അഞ്ഞൂറ് വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയവൻ തന്നെയാണ് ഇളച്ച് കിട്ടിയവൾ തന്നെയാണ് എന്നുള്ള ബോധ്യത്തോടെ കർത്താവിനെ അത്രയും ഇളച്ച് കി തന്ന കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഈ പാവിനിയായ സ്ത്രീ അവൾ എന്താ ചെയ്തത് അവൾ അവളുടെ മുടി കൊണ്ടാണ് കർത്താവിൻ്റെ പാദം തുടച്ചത് ഒന്ന് കോരിന്തിയർ പതിനൊന്നിൻ്റെ പതിനഞ്ച് നമ്മൾ കാണുന്നു സ്ത്രീയുടെ മാനം എന്ന് പറയുന്നത് അവളുടെ മുടിയാണ് അപ്പോൾ സ്ത്രീയുടെ ഏറ്റവും മാനമുള്ള കാര്യം ആ തലമുടി കൊണ്ട് ഏർ അല്ലെങ്കിൽ അവളുടെ തലയിലെ അവളുടെ ശരീരത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമായ തലയിലെ മുടി കൊണ്ട് കർത്താവിൻ്റെ ശരീരത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗമായ കാല് തുടച്ചു എന്നാണ് നമ്മൾ കാണുന്നത് അപ്പം തന്റെ മാന്യതയും തൻ്റെ വലിമയും എല്ലാം കർത്താവിൻ്റെ പാദത്തിനും താഴെയാണ് എന്നാണ് അവള് പറഞ്ഞതിൻ്റെ അവള് അവളുടെ പ്രവൃത്തി കൊണ്ട് പറഞ്ഞതിൻ്റെ ചുരുക്കം പ്രിയപ്പെട്ടവരെ ആ ആ ഒരു ബോധ്യത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മുടെ പാപത്തെ വലുതായിട്ട് കാണുമ്പോഴാണ് നമ്മൾ അധികം ഇളച്ച് കിട്ടിയവരായിട്ട് ദൈവസന്നിധിയില് നമ്മള് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള സ്നേഹമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഈ പരീശനായ ശീമോന്റെ പോലെ ഒരു തണുത്ത സ്നേഹമല്ല കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതിനെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു അവള് കർത്താവില് അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ കർത്താവിനെ കാണാനായിട്ട് വന്നത് ഈ കർത്താവിനെ തള്ളിക്കളയയില്ല എന്ന വിശ്വാസം അവൾക്കുണ്ടായിരുന്നു ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ സ്നേഹിക്കുന്നു ജലാത്തിയർക്കെഴുതിയ ലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം നോക്കുക സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം കാര്യം കണ്ടോ ഇവളുടേത് ആ നിലയിലുള്ള ഒരു വിശ്വാസമായിരുന്നു സ്നേഹത്താൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അതിൻ്റെ ഫലമായിട്ട് എന്തു ചെയ്യുന്നു കർത്താവ് അവളോട് പറയുന്നു സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കണ്ടോ അവൾ ആദ്യം കർത്താവിനെ ആ വിശ്വാസത്താൽ വ്യാപരിക്കുന്ന ഒരു സ്നേഹവുമായിട്ടാണ് കർത്താവിൻ്റെ അടുക്കൽ ചെന്നതും കർത്താവിൻ്റെ കാൽക്കല് ആ പരിമളം പൂശിയതുമൊക്കെ കർത്താവ് പക്ഷേ ആ സ്നേഹത്തിന്റെ പിന്നിലുള്ള വിശ്വാസത്തെ തിരിച്ചറിഞ്ഞു അതുകൂടാതെ തന്നെ അൻപതിൻ്റെ അവസാനം നോക്കുക സമാധാനത്തോടെ പോക എന്നും പറയുന്നു അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് അവൾക്ക് ലഭിച്ചത് ഒന്ന് വിശ്വാസം രണ്ട് സ്നേഹം മൂന്ന് സമാധാനം സമാധാനത്തോടെ പോകാം പ്രിയപ്പെട്ടവരെ നമുക്കും ഇന്ന് ആവശ്യം ഈ മൂന്ന് കാര്യങ്ങളാണ് കർത്താവിനെ അധികം സ്നേഹിക്കുക അധികം സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് വിശ്വാസത്താൽ വ്യാപരിക്കുന്ന സ്നേഹമാണ് ആയിരിക്കണം നമ്മുടെ കടങ്ങളെല്ലാം കർത്താവ് വിളച്ചു തന്നു എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹത്തോടെ നമ്മൾ കർത്താവിൻ്റെ പാദത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് പറയും സമാധാനത്തോടെ പോകാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് നമ്മളോടും പറയും നമ്മൾ കടന്നു ഈ കാലഘട്ടത്തിൽ കർത്താവിൽ കൂടുതൽ വിശ്വാസമുള്ളവരായി കർത്താവിനെ ആ കൂടുതൽ സ്നേഹിക്കുന്നവരായി അതിൻ്റെ എല്ലാ ഫലമായി കർത്താവിൽ നിന്ന് തന്നെ സമാധാനം പ്രാപിച്ചവരായിട്ട് നമുക്ക് നമ്മുടെ നാളുകളെ കഴിക്കാം കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ